ധ്യായം പതിനൊന്ന് ഇസ്രയേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു മിസ്രൈമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു അവരെ വിളിക്കും തോറും അവർ വിട്ടകന്ന് പോയി ബാൽബിംബങ്ങൾക്ക് അവർ ബലികഴിച്ചു വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി ഞാൻ എഫ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു ഞാൻ അവരെ എന്റെ ഭുജങ്ങളിൽ എടുത്തു എങ്കിലും ഞാൻ അവരെ സൌഖ്യമാക്കിയെന്ന് അവർ അറിഞ്ഞില്ല മനുഷ്യപാശങ്ങൾ കൊണ്ട് സ്നേഹബന്ധനങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അവരെ വലിച്ചു അവരുടെ താടിയെല്ലിൻമേലുള്ള നുഖം നീക്കിക്കളയുന്നവനെപ്പോലെ ഞാൻ അവർക്ക് ആയിരുന്നു ഞാൻ അവർക്ക് പീനിട്ടുകൊടുത്തു അവർ മിശ്രൈം ദേശത്തേക്ക് മടങ്ങിപ്പോകയില്ല എന്നാൽ മടങ്ങിവരുവാൻ അവർക്ക് മനസ്സില്ലായികൊണ്ട് അശൂര്യൻ അവന്റെ രാജാവാകും അവരുടെ ആലോചന നിമിത്തം വാൾ അവന്റെ പട്ടണങ്ങളിൽ മേൽ വീണ് അവന്റെ ഓടാമ്പുലുകളെ നശിപ്പിച്ച് ഉടുക്കിക്കളയും എന്റെ ജനം എന്നെ വിട്ട് പിന്തിരുവാൻ ഒരുങ്ങിയിരിക്കുന്നു അവരെ മേലോട്ടു വിളിച്ചാലും ആരും നിവർന്ന് നിൽക്കുന്നില്ല യഫ്രൈമെ ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും ഇസ്രയേലെ ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും ഞാൻ നിന്നെ എങ്ങനെ ആത്മയെപ്പോലെ ആക്കും ഞാൻ നിന്നെ എങ്ങനെ സെബോയിമിനെപ്പോലെ ആക്കിത്തീർക്കും എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ മറിഞ്ഞുകൊള്ളുന്നു എന്റെ അയ്യോഭാവമൊക്കെയും ജ്വലിക്കുന്നു എന്റെ ഉഗ്രകോപം ഞാൻ നടത്തുകയില്ല ഞാൻ എഫ്രൈമിനെ വീണ്ടും നശിപ്പിക്കുകയുമില്ല ഞാൻ മനുഷ്യനല്ല ദൈവമത്രേ നിന്റെ നടുവിൽ പരിശുദ്ധൻ തന്നെ ഞാൻ ക്രോധത്തോടെ വരികയുമില്ല സിംഹം പോലെ ഗർജിക്കുന്ന യഹോവയുടെ പിന്നാലെ അവർ നടക്കും അവൻ ഗർജിക്കുമ്പോൾ പടിഞ്ഞാറ് നിന്ന് മക്കൾ വിറച്ചും കൊണ്ട് വരും അവർ മിശ്രൈമിൽ നിന്ന് ഒരു പക്ഷിയെപ്പോലെയും അശൂർ ദേശത്തുനിന്ന് ഒരു പ്രാവിനെപ്പോലെയും വിറച്ചും കൊണ്ട് വരും ഞാൻ അവരെ അവരുടെ വീടുകളിൽ പാർപ്പിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് യഫ്രൈം കപടം കൊണ്ടും ഇസ്രയേൽഗ്രഹം ഗ്രഹം കൊണ്ടും എന്നെ ചുറ്റിക്കൊള്ളുന്നു യഹൂദയും ദൈവത്തോടും വിശ്വസ്തനായ പരിശുദ്ധനോടും ഇന്നും അസ്ഥിരത കാണിക്കുന്നു